അർഷിനു ചുറ്റും മലക്കുകൾ വരിവരിയായി നിൽക്കുന്നതും അവർ തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലുന്നതും നിങ്ങൾക്കാണും അവർക്കിടയിൽ സത്യസന്ധമായ വിധി നടപ്പിലാക്കും ലോകരക്ഷിതാവായ അള്ളാഹു സുബാനഹുവത്ത് ആല വിന് സർവ്വസ്തുതിയും എന്ന് പറയപ്പെടും